എന്നാൽ അവരിലെ അറിവിൽ ഉറച്ചു നിൽക്കുന്നവരും വിശ്വാസികളും നിനക്കവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും ജക്കാത്ത് നൽകുന്നവരും അല്ലാഹുസുബാനഹുവ തായയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുമായവർക്ക് നാം വലിയ പ്രതിഫലം നൽകുന്നതാണ്